മുസ അലിഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു അള്ളാഹു സുബഹാനഹുവറ്റായാല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം ഓർക്കുക ഫിർആവിൻറെ ആളുകളിൽ നിന്ന് അവൻ നിങ്ങളെ രക്ഷിച്ച സന്ദർഭം അവർ നിങ്ങളെ കഠിനമായ ശിക്ഷകൾ നൽകി പീഡിപ്പിക്കുകയും നിങ്ങളുടെ പുത്രന്മാരെ കൊന്നൊടുക്കുകയും നിങ്ങളുടെ സ്ത്രീകളെ ജീവിപ്പിക്കുകയും ചെയ്തിരുന്നു നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വലിയൊരു പരീക്ഷണമായിരുന്നു അത്